ഗുഹാ പ്രോ പരമേ ബ്രഹ്മവിദോ വേ पंचानेचिकेताजा अक्षर ब्रह्म युभं तिथता नाचिकेत सकेमी आत्मानमद्धि ശരീരം രഥമേവു സാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേ ചന്ദ്രി ഹയാഹു വിഷയാൻ തേശുഗോചരാൻ ആത്മേന്ദ്രിമനോയുക്തം सदा അയുക്ത മനസാ സദ്യവശ്യുഷ്ടശ്വാസാര മനസന്ദ്രി വശ്യ സാരനസ്കുചി സംസാരം ചാധിഗതി സമനസ്കാശുചി സി യൂയോ വിജ്ഞാനസാരസ്തു ോധന പരമാണോ ഇ പരാസ്തു ബുദ്ധേരാത്മാൻപര ചോദ്യം <mahada> <coughs> എന്നതായിരിക്കെ അദ്വൈതുമോ ജഗന്മിഥ്യത്തിന് മാറ്റം വരാനാവുമോ ശങ്കരഅദ്വൈതം നാരായണ ഗുരുവിന്റെ അദ്വൈതം ചട്ടമ്പിസ്വാമികളുടെ അദ്വൈതം എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നു ഇവയെല്ലാം ഒരുപോലെ ശ്രുതിസമ്മതങ്ങളാണോ അതായത് കഴിഞ്ഞൊരു തവണ നമ്മൾ ചർച്ച ചെയ്ത പറഞ്ഞു ഈ ദർശനങ്ങളെല്ലാം അതിന്റെ താല്പര്യം ഇതാണ് ഓരോ ദർശനവും നമുക്ക് അനുഭവവേദ്യമാകുന്നത് നമ്മളതിനെ സ്വാം സ്വീകരിക്കുന്ന രീതിയിലാണ് അദ്വൈതമായാലും ദ്വൈതമായാലും വിശിഷ്ട അദ്വൈതമായാലും ആസ്തികമായാലും നാസ്തികമായാലും നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മളെ ദർശനം അദ്വൈതത്തെ ഞാനെങ്ങനെ മനസ്സിലാക്കുന്നു അത് ആണ് എന്നെ സംബന്ധിച്ചുള്ള അദ്വൈത ദർശനം ഏത് ദർശനത്തിനുള്ള ഒരു അദ്വൈതത്തിന്റെ പ്രത്യേകതയല്ല ഏത് ദർശനമായാലും അങ്ങനെയാണ് എന്തുകൊണ്ട് ഈ അദ്വൈതം അദ്വൈത ദർശനങ്ങൾ പലതുണ്ടെന്നുള്ളതല്ല അദ്വൈതത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് അവനവന്റെ വാസനയും ബോധവും അനുസരിച്ചാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്വൈത ദർശനം ഒന്നു തന്നെ അദ്വൈത ദർശനം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നതും ഓരോരുത്തരും അതിനെ മനസ്സിലാക്കുന്നതും അവനവന്റെ രീതി അവനവന്റെ നിലയിലാണ് അത് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യാഖ്യാന ഭേദങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത്രയധികം വ്യാഖ്യാനങ്ങൾ ഈ ദർശനങ്ങൾക്ക് വരുന്നു ഒന്നാണെങ്കിൽ എല്ലാവരും ഒരേ തരത്തിൽ വ്യാഖ്യാനിക്കുന്നു ഇത് ഒരാൾ വ്യാഖ്യാനിക്കുന്നതും മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നതും തമ്മിൽ പ്രക്രിയാ ഭേദം ശൈലി ഭേദം ഉണ്ടാവും അപ്പൊ ആ ഭേദത്തെയാണ് ഇവിടെ വ്യത്യാസമെന്ന് പറഞ്ഞത് അല്ലാതെ പരമമായ തത്വത്തിലുള്ള വ്യത്യാസമാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ ഇപ്പോ അദ്വൈതാചാര്യന്മാരെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന അവരുടെ ശങ്കരാചാര്യര് നാരായണ ഗുരു ജട്ടമ്പിസ്വാമി ഇവരെല്ലാം അവരവരുടേതായ ശൈലിയിൽ അദ്വൈതത്തെ ആവിഷ്കരിച്ചവരാണെന്ന് പറയുന്നതിലൊരു തെറ്റുമില്ല അത് അദ്വൈതത്തിൽ സമ്മതമായ ഒരു കാര്യവുമാണ് അദ്വൈതികൾ ഇപ്പോൾ അദ്വൈതത്തെ കാണുന്നത് വേറെ വേറെ പ്രസ്ഥാനങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് വിവരണ പ്രസ്ഥാനം ഭസ്ഥാനം ഇതൊക്കെ ശാസ്ത്രത്തിൽ അദ്വൈത പരമ്പരകളിൽ സമ്മതമായിട്ടുള്ള കാര്യങ്ങളാണ് പുതിയൊരു കാര്യമില്ല നമ്മൾ അതിന് ശാസ്ത്രത്തിന്റെ രീതിയിൽ കൂടുതൽ അതിന് പഠനവും അന്വേഷണവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതെന്തുകൊണ്ട് ഓരോരുത്തരുടെ ഓരോരുത്തരെ തന്നെ ഉൾക്കൊള്ളുന്ന വ്യത്യാസമാണ് ശങ്കരാചാര്യ ഭാഷയത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളവരെല്ലാം തന്നെ എത്രയോ കാര്യങ്ങളിൽ പരസ്പരം വിയോജിക്കുന്നുള്ളത് ഇതിന് ശങ്കരാചാര്യരെ പോലും തിരുത്തുന്ന വ്യാഖ്യാതാക്കളും ഉണ്ടായിട്ടുണ്ട് അദ്വൈതത്തിൽ തന്നെ അദ്വൈതത്തിൽ ഒരുപാട് വളരെ വളരെ വളരെ പരിണാമങ്ങളുണ്ടായി വാസിഷ്ടം എന്ന് പറയുന്നത് അദ്വൈതപരമായ ഒരു ഗ്രന്ഥമാണ് നമുക്കറിയാം പക്ഷെ ഭാഷ്യ ശൈലിയും വാസിഷ്ടത്തിന്റെ അദ്വൈതവുമായിട്ടൊന്നും നോക്കുക വളരെ വ്യത്യാസമുണ്ട് അതിന്റെ പ്രതിപാദന രീതിയിൽ വ്യത്യാസമുണ്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ അത് ഒരു വാക്കിൽ പറഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ല അതിന്റെ വിശദീകരണങ്ങളിൽ അവരവരുടേതായ ശൈലികൾ വരും അതുകൊണ്ട് ഇവരുടെ എല്ലാ അദ്വൈതം ഇവരുടെ കാര്യം പോട്ടെ നാരായണ ഗുരു ചഡിസ്വാമിയൊക്കെ വിടാം സ്വന്തം കാര്യം തന്നെ എടുക്കാം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം അദ്വൈതമാണ് അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ശരിയായത് എന്നൊരു ധാരണ വരുന്നത് ഇപ്പൊ ആരാണ് ശരിയായ അദ്വൈതം മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനാണോ അല്ലെങ്കിൽ മറ്റൊരാളാണോ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നത് അവരവർക്ക് ശരി എന്നേ പറയാൻ പറ്റൂ അതുകൊണ്ട് ഈ അദ്വൈതത്തെ ഇനി ശങ്കരാചാര്യോട് പറഞ്ഞിരിക്കുന്ന അദ്വൈതം ഈ അദ്വൈതം ശരിയായ അദ്വൈതമല്ലെന്നാണ് ഈ ശ്രുതികളെ തന്നെ വ്യാഖ്യാനിച്ച മറ്റു പല അദ്വൈതാചാര്യന്മാരുടെ അഭിപ്രായം കാരണം ശങ്കരാചാര്യരുടെ ശ്രുതിയിൽ നിന്നും ആവിഷ്കരിച്ചെടുത്തതാണ് ഈ അദ്വൈത ദർശനത്തെ വിശിഷ്ട അദ്വൈതി പറയുന്നത് എന്താണ് താൻ പറയുന്നതും അദ്വൈതമാണെന്നാണ് അതൊരു അദ്വൈതമാണ് വിശിഷ്ടമെന്നുകൂടി അതിൽ കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ അത് അപ്പൊ താൻ പറയുന്നതാണ് ശരിയായിട്ടുള്ള അദ്വൈതം ശങ്കരാചാര്യ പറയുന്നത് ശരിയായ അദ്വൈതമല്ല എന്നാണ് അപ്പൊ ഈ വിശിഷ്ട അദ്വൈതം പ്രചരിപ്പിച്ച ആചാര്യനും മോശക്കാരനല്ല അപ്പൊ രണ്ടുപേർക്ക് രണ്ട് അദ്വൈതം വന്നില്ലേ ഒരാൾക്ക് വിശിഷ്ടാദ്വൈതം മറ്റൊരാൾക്ക് കേവല അദ്വൈതം അവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം ഓരോ വ്യക്തികളും ഇതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടോ ഞാൻ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന അദ്വൈതം അല്ലെങ്കിൽ രാമാനുജൻ പറഞ്ഞിരിക്കുന്ന അദ്വൈതം ഏതെങ്കിലും ഒരു അദ്വൈതത്തെ ഞാൻ അതിന്റെ ശരിയായ രീതിയിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കിയാലും യാതൊരു വ്യത്യാസവും ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ അങ്ങനെ അവകാശപ്പെടാൻ കഴിയാത്തടത്തോളം കാലം ഓരോരുത്തർക്കും അവരവരുടെ അദ്വൈതം തന്നെയാണ് അതുമാത്രമല്ല ശങ്കരാചാര്യതയുടെ കാലം കഴിഞ്ഞിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ടു ഈ അദ്വൈത ദർശനം ഇത് ശങ്കരാചാര്യന്റെ കാലം മുതലേ വളരെ വളരെ വേദികളിൽ സദസ്സുകളിൽ പരിഷത്തുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് വളരെ വാദവിവാദങ്ങൾക്ക് ഇത് വിധേയമായിട്ടുണ്ട് ശങ്കരാചാര്യക്കു ശേഷം വന്ന ഈ അദ്വൈത ദർശനത്തിന്റെ ചരിത്രം ആ ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിലൊന്നും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും ബൗദ്ധ സമ്പ്രദായക്കാർ ജീനസമ്പ്രദായക്കാർ വിശേഷി നൈയായികന്മാര് പിന്നെ അതുപോലെ വരുന്ന ദ്വീതികൾ വിശിഷ്ടാദ്വീതികൾ ശൈവ സമ്പ്രദായക്കാർ വളരെ അധികം സമ്പ്രദായ സമ്പ്രദായികളും ഈ അദ്വൈതികളുമായിട്ട് ഈ വിഷയത്തിൽ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകൾ പലതും പുസ്തകങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട് അദ്വൈത പ്രക്രിയകളിൽ അത് വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ശങ്കരാചാര്യരുടെ ഭാഷ്യം ആ ഭാഷ്യത്തിന്റെ ശൈലീൽ നിന്ന് എത്രയോ വളരെ ദൂരെ പോയ ഒന്നാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഗ്രന്ഥം വളരെ വളരെ വ്യത്യാസം അതുപോലെ മറ്റ് പല അദ്വൈതത്തിലെ പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾ ഖണ്ഡനം അദ്വൈതസിദ്ധി ചിസുഖി ഇങ്ങനെയൊക്കെ പറയുന്ന പ്രസിദ്ധങ്ങളായ ഗ്രന്ഥങ്ങൾക്കെല്ലാം ഈ ശങ്കരാചാര്യന്റെ ശൈലിയിൽ നിന്നും വളരെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ അദ്വൈത ദർശനവും അതിനും വളരെ വികാസ പരിണാമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ശാസ്ത്രങ്ങൾ അവലംബിക്കാതെ തപസ്വാധ്യായങ്ങളിലൂടെ സ്വ അനുഭവത്തിൽ അദ്വൈതത്തെ വെളിപ്പെടുത്തിയ ൾക്കാർ അപ്പോൾ അവരവരുടെ ശൈലിയിൽ ഇത് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ അദ്വൈതത്തിൽ പലതരത്തിൽ അദ്വൈത ദർശനം മറ്റു ദർശനങ്ങളിൽ നിന്നും വാങ്ങുകയും കുടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മറ്റു ദർശനങ്ങളുടെ സ്വാധീനത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വളരെ വികാസ പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ അദ്വൈതത്തിലെ ആധികാരികങ്ങളായ പ്രാമാണികങ്ങളായ ഗ്രന്ഥങ്ങൾ നമ്മൾ നിഷ്പക്ഷമായി വിവേചന ബുദ്ധിയോടുകൂടി ബുദ്ധിയെ പണയപ്പെടുത്താതെ ഇതൊക്കെ ഒന്ന് വായിച്ചു പോകണം ഇതൊക്കെ പഠിക്കാനൊന്ന് മെനക്കെട്ടണം ആദ്യമായിട്ട് സംസ്കൃതം പഠിക്കാൻ കുറച്ച് മെനക്കെട്ടണം ഇത്രയൊന്നും ബുദ്ധിമുട്ടണം പിന്നെ മറ്റ് ദർശനങ്ങൾ ആസ്തിക ദർശനങ്ങൾ ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ അല്പം പരിശ്രമിക്കുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ഈ തരത്തിൽ ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ശരിക്കും ശാസ്ത്ര പരിചയം ഉണ്ടായിരിക്കണം അത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും പഠിക്കണം കോളേജിലെ സിലബസ് അനുസരിച്ച് പഠിച്ചാലും പോരാ ശരിയായ രീതിയിൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം അപ്പോ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ വരുന്ന വ്യത്യാസങ്ങളും അങ്ങനെ എല്ലാം മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ അദ്വൈതത്തിൽ തന്നെ വരുന്ന ഈ പ്രസ്ഥാന ഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഈ അദ്വൈതം നമ്മുടെ അദ്വൈതം നമ്മുടെ സ്വന്തമായ അദ്വൈതമാണ് ഞാൻ വിശദീകരിക്കുന്ന അദ്വൈതം ശങ്കരാചാര്യന്റെ അദ്വീതമോ നാരായണ ഗുരുവിന്റെ അദ്വീതമോ ചട്ടമ്പിസ്വാമിയുടെ അദ്വീതമോ അല്ല ഇത് എന്റെ അദ്വീതമാണ് എന്നുവെച്ചാൽ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം അവര് പറഞ്ഞ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല അവര് പറഞ്ഞതാകാം ഞാൻ മനസ്സിലായത് ഞാൻ പറയുന്നു എന്നുള്ളതേയുള്ളൂ അതിന് എന്റെ വിവരവും എന്റെ വിവരക്കേടും രണ്ടും മതി കാണും അതിന് വേറെ ആരെയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ആരെയെങ്കിലും പൂർണ്ണമായി ഉൾക്കൊണ്ട് അദ്വൈതത്തിന്റെ സർവവും ഗ്രഹിച്ചിട്ട് അതുപോലെ ഞാൻ പറയുന്നു എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ ദർശനങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ ദർശനം തന്നെയാണ് ഇനി മനസ്സിലാക്കുന്നതും ഒരാൾ പറയുന്നത് കേൾക്കുന്ന ശ്രോതാക്കളെല്ലാം ഒരേ തരത്തിലാണോ മനസ്സിലാക്കുന്നത് ഒരിക്കലുമല്ല പറയുന്നത് തലതിരിച്ചു മനസ്സിലാക്കുന്നവരാണ് കൂടുതലും കുറച്ചുപേരെല്ലാം ഏകദേശം അതുപോലെ മനസ്സിലാക്കും കുറെ പേരൊന്നും മനസ്സിലാക്കത്തുമില്ല അപ്പൊ പിന്നെ ഇതിനെക്കുറിച്ച് അവരവരുടെ അദ്വൈതമൊന്നല്ല എന്ത് പറയാനാണ് അങ്ങനെ പറയാൻ പറ്റും ഇതൊന്നും ആരും ഒരിടത്തു നിന്നും പൂർണമായും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ശങ്കരാചാര്യട് മനസ്സിലാക്കിയ അദ്വൈതം പോലും ശ്രുതി വെളിപ്പെടുത്തി അദ്വൈതമല്ലെന്ന് പറയുന്ന വലിയ പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എത്രയോ പേര് ഈ ശങ്കരഅ അദ്വൈതത്തിൽ തന്നെ എത്ര അദ്വൈതം ഇതെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു നമുക്ക് വളരെ ലഘുവായി അദ്വൈതമെന്ന് പറയാം അപ്പൊ ആര് അത് ഒരു ശാസ്ത്രീയമായ ഒരു ചർച്ചക്ക് അത്തരം വാദമുഖങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല പിന്നെ പൊതുവി പറയാൻ പ്രസംഗിക്കാനും അതിനു വിനോദം നമുക്ക് പൊതുവെ അദ്വൈതമൊന്നും പറഞ്ഞു പോവാം കൂടുതൽ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഇതെല്ലാം വളരെ ഗഹനങ്ങളായ വിഷയങ്ങളാണ് അങ്ങനെ കടന്നു ചെല്ലുന്നതിനുള്ള പ്രാഥമിക യോഗ്യത ശാസ്ത്രീയമായി കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ചൊന്നുമുള്ള വാദവിവാദങ്ങൾ ഏർപ്പെടാതെ അതുപോലെ നാമവും ജപിച്ച് സ്വസ്ഥമായി കഴിയുക അദ്വൈതം ഒന്നോ പലതോ എത്ര ആയിക്കോട്ടെ നമുക്കതൊന്നും ബാധകമല്ല അല്ല പിന്നെ ഒരു ശാസ്ത്ര ചർച്ചയ്ക്ക് വരുമ്പോഴുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഇതിന്റെ ഉള്ളിലേക്ക് ഒരുപാട് കടന്നു കിട്ടണം എന്നതിനെ പറ്റൂ കേവല അദ്വൈതം നിർവിശേഷാദ്വൈതം ചിന്ത അചിന്യാദ്വീതം ഭേദ അഭേദാദ്വൈതം ഇങ്ങനെ എത്ര അദ്വൈതങ്ങളാണ് കേട്ടാൽ തന്നെ ഭയം തോന്നും അപ്പം ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കടന്നു കിട്ടാതെ അതിനെ കുറിച്ചൊന്നും നമുക്കൊരു നിർണ്ണയത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്റെ അറിവിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ അദ്വൈതങ്ങളെല്ലാം വേറെ വേറെ തന്നെയാണ് എനിക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് ഇന്നാരുടെ അദ്വൈതമാണെന്ന് പറയാൻ പറ്റത്തില്ല ഇവരാരെയും തന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു തരുന്നത് ശാങ്കര അദ്വൈതം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ മനസ്സിലാക്കിയ അദ്വൈതം ഞാൻ പറയുന്നു എന്നെ പറയാൻ പറ്റൂ പിന്നെ ഇതെല്ലാം ശ്രുതി സമ്മതമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവരെല്ലാവരും ഈ പറയുന്നവരെല്ലാം ശ്രുതിയെ പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇതെല്ലാം ശ്രുതി സമ്മതങ്ങളാണ് എന്ന് നമുക്ക് പറയാം ഈ പറയുന്നവരെല്ലാം ആസ്തികന്മാരെല്ലാം തന്നെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇവരെല്ലാം വേദത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരേ തരത്തിലല്ല വരുന്ന പ്രാമാണ്യം അത് ഏത് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ശ്രുതിയെ സ്വതപ്രമാണമായിട്ട് സ്വീകരിക്കുന്നവരാണ് ആചാര്യസ്വാമി ശങ്കരാചാര്യ മറ്റും സ്വതപ്രമാണം നിരപേക്ഷമായ പ്രമാണം വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വീകരിക്കുക എന്തെങ്കിലും തർക്കമോ വിതർക്കമോ നടത്തിയാൽ ആ ശ്രുതി പറയാനുള്ള ശ്രുതി മത ശ്രുതിക്ക് അനുസരിച്ചേ തർക്കിക്കാവൂ എന്നാണ് ആ സമയം നമ്മുടെ ആധുനികന്മാരായ ആചാര്യന്മാര് നാരായണ ഗുരു ചട്ടംബിസ്വാമി ഇവരൊന്നും വേദത്തിന്റെ സ്വതപ്രാമാണത്തെ അംഗീകരിക്കുന്നില്ല വേദാധികാര നിരൂപണത്തിൽ ചട്ടംബിസ്വാമി വളരെ നിശിതമായ കാര്യത്തെ വിമർശിച്ചിട്ടുണ്ട് വേദത്തിന് അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല പരിശോധിച്ചിട്ട് അതിലെന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കാം അത് അപൂരുഷീയമാണ് എന്നുള്ള അതാണ് ആസ്തികന്മാരുടെ മുഖ്യമായിട്ടുള്ള ഒരു സിദ്ധാന്തം വേദമകൂർഷീയമാണ് അതിന് വേദാധികാര നിരൂണത്തിൽ സ്വാമി നിഷേധിക്കുന്നുണ്ട് വേദമകൂർഷയമല്ല എന്ന് പറയുന്നു അപ്പോൾ അദ്വൈതത്തിന്റെ ഏറ്റവും മുഖ്യമായ ഒരു സിദ്ധാന്തത്തെയാണ് അവിടെ സ്വാമി നിഷേധിച്ചിരിക്കുന്നത് ശങ്കരാചാര്യൻ മറ്റും വേദത്തെ അപൌരുഷീയമായാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പരാമർശിക്കുന്നത് പക്ഷേ ചേട്ടമ്പിസ്വാമി വേദത്തെ അപൌരുഷീയമായി സ്വീകരിക്കുന്നില്ല നാരായണ ഗുരുവും അത് അംഗീകരിക്കുന്നില്ല അപൌരുഷീയമെന്നൊന്നും അംഗീകരിക്കുന്നില്ല അതെല്ലാം മനുഷ്യരുണ്ടാക്കിയത് തന്നെയാണ് യിഷുമാരുടെ ആർഷപ്രജ്ഞയിലുണ്ടായതാണ് പക്ഷേ അത് അതുകൊണ്ട് തന്നെ അപൌരുഷീയം എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊന്നാണ് ഇത് നമ്മുടെ ശങ്കരാചാര്യരെ പോലെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും ഇവരുടെയൊക്കെ അദ്വൈതം തനതായ അദ്വൈതമാണ് എന്ന് പറയേണ്ടി വരും ഇതൊക്കെ അല്പം മിനക്കെട്ടിരുന്ന് വായിച്ചു നോക്കുക അപ്പം മനസ്സിലാവും അവരുടെ എല്ലാം കാര്യം പോട്ടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അവരവരുടേതായ അദ്വൈതമെന്നാണ് എന്റെ അഭിപ്രായം ഇതിന് വിരുദ്ധമായ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അതിനോടും അംഗീകരിക്കുന്നു തർക്കമില്ല അതിനോടും ചോദിക്കുന്നു എന്റെ അഭിപ്രായം ഇതാണ് അടുത്ത ചോദ്യം പാലിൽ സ്വല്പം തൈര് ചേർത്താൽ പാൽ തൈരായിത്തീരുന്നതുപോലെ ജീവന് ഗുരു ഉപസത്യ കൊണ്ടും മഹാവാക്യ ശ്രവണാദികൾ കൊണ്ടും മുക്തനായിക്കൂടെ മാമ്പഴമായി തീരുന്നു പച്ചമാങ്ങ എന്നത് ആരോപിതമാണെന്ന് പറയാമോ ഇങ്ങനെ നോക്കിക്കാണുന്നതിന് താത്വികമായി വല്ല വൈഷമ്യവും വന്നു ചേരുന്നു അതായത് പറയുന്നത് ഏതെങ്കിലും നമ്മുടെ ശാസ്ത്ര സമ്പ്രദായത്തിന്റെ അഭിപ്രായമാണോ അത് ഈ ചോദ്യ ഭർത്താവിന്റെ സ്വന്തം ഇതാണോന്ന് വ്യക്തമാകുന്നില്ല അതാദ്യം വ്യക്തമാകണം നമ്മളേതെങ്കിലും ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ചാണോ ചോദിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല അതേ സ്വന്തം ഒരു ആശയം അനുസരിച്ചാണോ ഈ ചോദ്യം ഒന്നും മനസ്സിലാകുന്നില്ല തൽക്കാലം ഇത് സ്വന്തം ഒരു ചോദ്യം ഒന്നാണ് ഈ ല്പിതമായ ഒരു ആശയം എന്നുള്ള നിലയ്ക്കാണെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അദ്വൈതമാണ് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഇതൊന്നും ശരിയാകത്തില്ല ഈ ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും അതായത് പാല് തൈരാകുന്നത് പോലെയല്ല മുക്തി എന്ന് പറയുന്നത് പാല് തൈരാകുക എന്ന് വെച്ചാൽ നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുന്നുണ്ടെങ്കിലും അത് പാല് കേടാകുന്നതാണ് ശരിക്കും അതുപോലെ ഈ ജീവൻ കേടാകുന്നതല്ല മോക്ഷം എന്ന് പറയുന്നു അതിന് മോക്ഷം എന്ന് പറയുന്നില്ല അദ്വൈതപരമായിട്ട് അതിനീകരിക്കാത്ത കാരണം ഈ ആത്മാവിൽ പരിണാമം സംഭവിക്കത്തില്ല ആത്മാവിന് പരിണമിക്കാൻ മാറ്റം അതി സംഭവിക്കത്തില്ല അതുകൊണ്ടാണ് അതിനെ കൂടസ്ഥൻ എന്ന് പറയുന്നത് അദ്വൈതസമ്മതമായ മോക്ഷം അത് ഇതിനാരോപിതമായിരിക്കുന്നത് നശിക്കുന്ന അതാണ് മോക്ഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ചർച്ച ചെയ്ത് നമ്മൾ ഈ മോക്ഷത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോ ഈ വിഷയം വന്നു ഈ ആത്മാവ് സ്വതേ പരിണാമങ്ങൾ ഉണ്ടായി മോക്ഷം സംഭവിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ ദർശനത്തിൽ അങ്ങനെ ആരും പറയുന്നില്ല ഏകദേശം അതുപോലെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് ജൈന ദർശനത്തിലാണ് ഇതിന് സമാനമായി പറയുന്നത് ഒരു പരിണാമം ഒരു മാറ്റം ആത്മാവിൽ സംഭവിച്ചിട്ട് മോക്ഷത്തെ നേടുന്നു എന്ന് ഈ പാല് തൈരായി പരിണമിക്കുന്ന പോലെ അങ്ങനെ പറയുന്നുണ്ട് ആ ജൈനന്മാരുടെ ദർശനത്തിൽ മറ്റ് ദർശനങ്ങളിലൊന്നും അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെ സ്വീകരിക്കാത്തത് ആത്മാവിൽ പരിണാമം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് നശിക്കുന്നുവെന്ന് സ്വീകരിക്കേണ്ടി വരും അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് അംഗീകരിക്കുന്നതിന് വേണ്ടി ആത്മാവ് നശിക്കുന്ന ഒന്നാണെന്ന് സ്വീകരിക്കേണ്ടി വരും അതാർക്ക് സമ്മതമായിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് ആത്മാവിൽ പരിണാമത്തെ അംഗീകരിച്ചാൽ ആത്മാവിന്റെ നാശത്തെ സ്വീകരിക്കേണ്ടി വരും അപ്പം മോക്ഷത്തെ അംഗീകരിക്കാൻ കഴിയാതെ വരും കാരണം മോക്ഷം എന്ന് പറയുന്നത് ആത്മാവ് നിലനിൽക്കുകയും സർവബന്ധനങ്ങളും അവസാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആത്മാവിന്റെ പരിണാമത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മോക്ഷമെന്ന് പറയുന്നത് ആത്മാവിന്റെ നാശത്തിന് തീരെ അവസാനിക്കും അതുകൊണ്ട് അത് യുക്തിയുക്തമായി സ്വീകരിക്കാൻ വയ്യാത്ത കാര്യമാണ് ആത്മാവിന്റെ പരിണാമത്തെ ഭാഷയത്തിലും മറ്റും വളരെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് എന്നർത്ഥം പിന്നെ അവിടെ പറയുന്നത് പാൽ സാങ്കല്പികമാണെന്ന് പറയാനാവാത്തതുപോലെ ജീവനും അത് യോജിക്കില്ലേ ഈ ചോദ്യം എനിക്ക് പൂർണമായും മനസ്സിലായി എന്ന് തോന്നുന്നില്ല എന്നാലും മനസ്സിലാക്കി രീതിയിൽ ഞാൻ പറയാം ഈ പാല് തൈരും അപ്പൊ തൈരും എന്ന് പറയുന്നത് പരിണാമവാദവും വിവർത്തവാദവും വിവർത്തവാദത്തിനും ഇതിനെ ഉദാഹരണമായിട്ട് എടുക്കാം പരിണാമവാദത്തിനും ഇത് ഉദാഹരണമായിട്ടെടുക്കാം പരിണാമവാദമനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പാലിൻ്റെ മാറ്റം പാലിൽ വരുന്ന പരിണാമമാണ് തൈര് അതിൽ വരുന്ന വികാരം അതിൻ്റെ വികൃതിയാണ് കാര്യമാണ് അവിടെ പരിണാമവാദമനുസരിച്ച് പാലും സത്യമാണ് തൈരും സത്യമാണ് ഇത് സാഖ്യന്മാര് സാങ്ക്യ ദർശനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു ചിന്താഗതിയാണ് ഇതിനെ തന്നെ വിവർത്തവാദം അതായത് അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്ന വിവർത്തവാദം അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഒരു വസ്തുവിൽ വരുന്ന പരിണാമം എന്ന് പറയുന്നത് ആ വസ്തുവിൽ ആരോപിതമാണ് കൽപ്പിതമാണെന്നാണ് നമ്മൾ പറയാറുള്ളത് പോലെ സ്വർണം മഴയായി മാറുന്നു മണ്ണ് കുടമായി മാറുന്നു അവിടെ സ്വർണത്തിൽ മഴ എന്ന് പറയുന്നത് ആ സ്വർണത്തിന്റെ പരിണാമമാണ് അതുതന്നെയാണ് പാലിലും തൈലും സംഭവിക്കുന്നത് ആ പരിണാമം എന്ന് പറയുമ്പോൾ അവിടെ നാമവും രൂപവുമല്ലാതെ ചിലപ്പോൾ അതിന്റെ ഗുണങ്ങൾക്ക് വ്യത്യാസം വരാം വസ്തുവിന് മാറ്റം വരുന്നില്ല വസ്തു അത് അതേ വസ്തുവായി തന്നെ ഇരിക്കുന്നു നാമരൂപങ്ങൾക്ക് വ്യത്യാസം വരുന്നു അപ്പം വരുന്ന വ്യത്യാസങ്ങളെയെല്ലാം അവിടെ ആരോപിതങ്ങളായി അതിന് ആധാരമുണ്ടായിരുന്ന വസ്തു അതിനെ അധിഷ്ഠാനമായി സ്വീകരിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ആ വരുന്ന മാറ്റങ്ങളെല്ലാം അതിൽ കൽപ്പിതമാണെന്നാണ് പറയുന്നത് പരിണാമം സംഭവിക്കുന്നിടത്ത് പരിണാമവാദിയല്ല വിവളത്തവാദി ഒരു പരിണാമം സംഭവിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളെല്ലാം അധിഷ്ഠാന വസ്തുവിലുള്ള കല്പനകളാണ് അധിഷ്ഠാന വസ്തുവിൽ ആരോപിതങ്ങളാണ് അതുകൊണ്ട് അധിഷ്ഠാന വസ്തു സത്യവും ആരോപിതങ്ങളെല്ലാം മിഥ്യയും അപ്പം സത്യവും തൈര് മിഥ്യയും ഇത് ഇതിനെ വിവരത്തവാദത്തോട് യോജിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത് ദിഷ്ടാന്തം എന്നുള്ള നിലയ്ക്കാണ് പാലിന് പറയുന്നത് അത് വ്യാവഹാരികമായ സത്യമാണ് പാരമാർത്ഥികമായ സത്യമല്ല അതുകൊണ്ട് വിവർത്തവാദം സ്വീകരിച്ചാലും പാലനം സത്യമായിട്ട് സ്വീകരിക്കുന്നു എങ്ങനെയാണ് സ്വർണത്തെയും മണ്ണിനെയൊക്കെ സത്യമായി സ്വീകരിക്കുന്നത് അതുപോലെ സ്വീകരിക്കുന്നു വ്യാവഹാരിക സത്യമായി അതിന് വരുന്ന മാറ്റങ്ങളെല്ലാം ആരോഗ്യവും വാസ്തവത്തിൽ അവിടെ ഒന്നെയോ ബാക്കി കൽപ്പിതമായ മാറ്റങ്ങളാണ് എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ പരിണാമങ്ങൾക്കും അങ്ങനെ സ്വീകരിച്ചാൽ ഒരു വസ്തുവിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുമ്പോ ഏത് സന്ദർഭത്തിനു ആകാം ആ മാറ്റം വരുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ അതിന്റെ സത്യരൂപമായിട്ടും വരുന്ന മാറ്റത്തെ കൽപ്പിതമായും സ്വീകരിക്കുന്നു വിവിടത്തവാദത്തിൽ അത് ഏത് സന്ദർഭത്തിലായാലും ശരിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മണ്ണ് അസത്യമാണ് ആ മണ്ണിനെ വെള്ളം ചേർത്ത് കുഴച്ച് ഒരു ഉരുളയാക്കുന്നു അപ്പം ആ ഉരുള എന്ന് പറയുന്നത് അവിടെ ആരോപിതമാണ് ഇനി ആ ഉരുള അതാണ് കുടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം രൂപപ്പെടുത്തിയെടുക്കുന്ന ഉരുള ആ ഉരുളയെ രണ്ടായി ഭാഗിക്കുന്നു അപ്പം ആ ഉരുള സത്യം അതിന് വന്ന് രണ്ട് ഭാഗങ്ങൾ ആരോപിക്കും അതിൽ ഒരു ഭാഗത്തെ എടുത്തിട്ട് ഒരു ഓടുണ്ടാക്കുന്നു കുടത്തിൻ്റെ അല്ലെങ്കിൽ കലത്തിൻ്റെ ഓരോ ഓടുണ്ടാക്കുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തിലുള്ള ആ ഉരുള സത്യം ഉണ്ടാക്കിയ ഓട് അത് ആരോപിതം ഇനി ആ രണ്ടു ഓടുകൾ കൂട്ടിച്ചേർത്ത് കുടം ഉണ്ടാക്കുന്നു അങ്ങനെ കുടം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ രണ്ട് ഓടുകളും സത്യമാണ് കൂട്ടിച്ചേർത്ത് ഉണ്ടായ കുടം ആരോപിതമാണ് ഈ രീതിയിൽ ഒരു വസ്തുവിന്റെ പരിണാമത്തിന്റെ ഏത് അവസ്ഥയെടുത്താലും ആ പരിണാമത്തിന് മുമ്പിരിക്കുന്ന അവസ്ഥ സത്യമായിട്ടും ആ പരിണാമത്തെ ആരോപിതമല്ലെങ്കിൽ കല്പിതമായിട്ട് സ്വീകരിക്കാം എന്നതാണ് അദ്വൈതികളുടെ പ്രക്രിയ അത് ഏതിനും നമ്മൾ അതങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി പ്രത്യേകിച്ച് കാലോ തേയിലോ മാങ്ങയോ തേങ്ങയോ എന്തായാലും ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയാ മതി അതിൽ യാതൊരു തരത്തിലുള്ള വൈഷമ്യവും അദ്വൈതപരമായിട്ടില്ല പക്ഷെ ഇതിന് ദ്വൈതികൾ നിഷേധിക്കും അദ്വൈതിയുടെ ഈ വിശദീകരണത്തിനോട് ൾ ഉപിക്കത്തില്ല അതിന് അവർ അതിനെതിരായിട്ട് വാദമുഖങ്ങളെല്ലാം ഉന്നയിക്കും നിങ്ങളുടെ ഈ വിശദീകരണം ശരിയല്ല പരിണാമം എന്ന് പറയുന്നത് അവിടെ പുതിയൊരു വസ്തു ഉണ്ടാകുകയാണ് അതാണ് ദ്വൈതം പറയുന്നത് അതിന് ആരംഭവാദം എന്ന് പറയും ഇത് വിവർത്തവാദം ഇവിടെ പരിണാമം സംഭവിക്കുന്നു അവിടെ കാരണരൂപത്തിൽ നിന്നും കാര്യം പുതിയൊരു വസ്തു ഉണ്ടാകുന്നു എന്നാണ് ആരംഭവാദികൾ പറയുന്നത് അതാണ് പരിണാമത്തിന്റെ ഒരു വിശദീകരണം പക്ഷെ അത് അദ്വീതി അതിന് പുതിയൊരു വസ്തുവിന്റെ ഉത്പത്തിയെ അദ്വീതി അംഗീകരിക്കുന്നില്ല അദ്വീതി പറയുന്നു പുതിയൊരു വസ്തു ഉണ്ടാകുന്നു ഞങ്ങള് അംഗീകരിക്കാം പക്ഷേ ആ വസ്തുവിനെ കല്പിതമായി സ്വീകരിക്കും പോലെയുള്ള ഒരു സ്വതന്ത്ര സത്യ കാര്യത്തിന് അദ്വിധി സ്വീകരിക്കുന്നില്ല അതേസമയം കാര്യത്തിന് സ്വീകരിക്കുന്ന സത്ത കാരണത്തിന്റെ സത്യാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു ആരംഭവാദത്തിൽ അങ്ങനെയല്ല കാരണത്തിന് സ്വതന്ത്രമായ സത്യമുണ്ടെങ്കിൽ കാര്യത്തിനും സ്വതന്ത്രമായ സത്യുണ്ട് എന്ന് പറയുന്നു ഇതാണ് പരിണാമവാദികൾക്ക് സ്വീകാര്യമായിട്ടുള്ള ചിന്താഗതി ഇതെല്ലാം വളരെ തലനാരൊഴ കീറുന്ന വാദവിവാദങ്ങളും തർക്കവിതർക്കങ്ങളുമാണ് അത് നമ്മൾ കടക്കേണ്ട കാര്യമില്ല കടക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ഗ്രന്ഥങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നൈയായികന്മാരുടെ ആരംഭവാദം സാഖ്യന്മാരുടെ പരിണാമവാദം അതിൽ വരുന്ന ഒരുപാട് അതിനകത്ത് തന്നെ ഉള്ള പല പല ആചാര്യന്മാരുടെ പല പല തരത്തിലുള്ള വാദങ്ങൾ തർക്കങ്ങൾ വിതർക്കങ്ങൾ ഇവിടെ അധികം ജോലിയും പണിയൊന്നും ഇല്ലെങ്കിൽ അതിന് മെനക്കെട്ടാൽ മതി ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു പണിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തോണ്ട് വളരെ ലാഘവുമായിട്ടങ്ങ് ചർച്ച ചെയ്ത് കളയേണ്ട ഒരു വിഷയമില്ല വളരെ ദൂരവുമായി ചർച്ച കാര്യങ്ങളാണ് ഈ പരിണാമവാദവും വിവരത്തവാദവും ആരംഭവാദവും എല്ലാം തൽക്കാലം അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് രഥകത്തെക്കുറിച്ചാണ് രഥരൂപകത്തിൽ രഥം നമ്മുടെ ശരീരമാണ് യാത്രികൻ യാത്ര ചെയ്യുന്നയാളാണ് ജീവാത്മാവ് ആ രഥത്തെ നയിക്കുന്ന സാരഥി ബുദ്ധിയാണ് രഥത്തെ വലിച്ചു കൊണ്ടുപോകുന്ന കുതിരകൾ ഇന്ദ്രിയങ്ങളാണ് ഥിയുടെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാണിന്റെ സ്ഥാനമാണ് മനസ്സിനുള്ളത് ഇതിൽ ആ ബുദ്ധി വിവേകമുള്ളതാണെങ്കിൽ ഈ യാത്ര ശരിയായ വഴി കൂടി പോകും കാരണം ഇവിടെ വഴി എന്ന് പറയുന്ന വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് സഞ്ചരിക്കേണ്ട മാർഗം വഴി ആ ശരിയായ വഴിയിലൂടെ പോകണമെങ്കിൽ വിവേകമുള്ള ബുദ്ധി ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് നിർത്തിയത് അത് കഴിഞ്ഞുവരുന്ന ഭാഷ്യത്തിൽ ഏഴാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായിട്ട് ഭാഷ പറയുന്നു തസ് പൂർവോക്ത അഭിജ്ഞാനമത ബുദ്ധിസാരഥി ആഹാ തസ്യ പൂർവോക്ത മുമ്പ് പറഞ്ഞ അവിജ്ഞാനവത വിവേകമില്ലാത്ത ബുദ്ധിസാരഥേ ബുദ്ധിസാരഥിക്ക് ഇതം ഫലം ആഹ ആ ബുദ്ധിസാരഥിക്ക് വേണ്ടിയിട്ട് ആ ബുദ്ധിസാരഥിയുടെ ഫലം അടുത്തു പറയുന്നു എന്താണ് അമനസ്കാശുചി നപ്പി സംസാരം ചിഗ്തിഷിത് അവിനവാൻവതി അമനസ്ക അഗൃഹീതമനസ്ക തശുചി സതധി തത്പൂർത്തം അക്ഷരം യത് പരം പദം ആപ്പോതി തേന സാരഥിന് നവലം കൈവലം നോതി സംസാരം ചന്മരണലക്ഷണമതി അവിജ്ഞാനമാൻ തു അവിനവാൻ ഏതൊരുവനാണോ അവിജ്ഞാനവാൻ വിവേകം ഇല്ലാത്തവനായിരിക്കുന്നത് ഏതൊരു ബുദ്ധിയിലാണോ വിവേകമില്ലാത്തത് നേരത്തെ പറഞ്ഞല്ലോ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം അതിനെ കുറിച്ചെല്ലാം ഉള്ള വിവേകം വേണം എന്താണ് പ്രവൃത്തി എന്താണ് നിവൃത്തി എന്താണ് മോക്ഷമാർഗം എന്താണ് സംസാരമാർഗം ഇതിനെ കുറിച്ചുള്ള വിവേകമില്ലാത്തവൻ അമനസ്കഹ എന്ന് പറഞ്ഞാൽ അപ്രഗൃഹീത മനസ്സഹ നിയന്ത്രിതമായി മനസ്സില്ലാത്തവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ വാസന പ്രേരിതമായിക്ക് വിപരീതമായും മനസ്സ് പ്രവർത്തിക്കുന്നവൻ പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം നല്ല വഴിക്ക് പ്രവർത്തിക്കണം എന്നാണ് ചിന്തിക്കുന്ന വിവേകിയുടെ എല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷേ മനസ്സങ്ങനെ പ്രവർത്തിക്കാറില്ല കാരണം തന്റെ ഇച്ഛയേക്കാൾ പ്രബലമാണ് തന്റെ വാസന ആ വാസനകൾ സദ്വാസനയാണെങ്കിൽ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കാം പക്ഷേ ആ വാസന ഒരിക്കലും സദ്വാസന മാത്രമായിരിക്കില്ല ദുർവാസനകളും കാണും അതാണ് ഇവിടെ പറയുന്നത് ആ പ്രഗ്രഹീത മനസ്കഹ നിയന്ത്രണമില്ലാത്ത പ്രഗ്രഹം മനപ്രഗ്രഹമേവ മനസ്സാകുന്ന കടിഞ്ഞ മനസ്സ് കടിഞ്ഞാണിന്റെ കാരണം പക്ഷെ മനസ്സ് കടിഞ്ഞാണല്ലാതായിരിക്കുക ബുദ്ധിയുടെ കയ്യിൽ കടിഞ്ഞാണല്ലാതെ മനസ്സ് പ്രവർത്തിക്കുക മനസ്സ് സ്വേച്ഛയ വിഷയങ്ങളിൽ വ്യാപരിക്കുക വിഷയങ്ങളിൽ പ്രവർത്തിക്കുക അങ്ങനെ വരുന്നവൻറെ എന്ത് സംഭവിക്കുന്നു സ തഥ ഏവ അശ്വചി അവൻ അക്കാരണം കൊണ്ട് തന്നെ മനസ്സിന് നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് ഇനി എന്ത് വരുന്നു അവൻ അശുചിയായിത്തീരുന്നു എന്നാണ് വളരെ വ്യക്തമായ ഭാഷയിലാണ് ഇവിടെ ചോദ്യം പറയുന്നത് അവൻ അശുചിയാണ് ശുചിത്വം ഇല്ലാത്തവനാണോ എന്നർത്ഥം അപ്പൊ ശുചിത്വം എന്ന് പറയുന്നത് മനസ്സിന്റെ കാലുഷ്യമില്ലാത്ത അവസ്ഥയാണ് മനസ്സ് നിയന്ത്രണമില്ലാതെ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചാൽ മതി സദാ പ്രവർത്തിക്കണമെന്നില്ല എപ്പോഴെങ്കിലും മനസ്സ് നിയന്ത്രണമില്ലാതെ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മനസ്സ് സദാ അശുചിയായി പോകും അതാണ് സദായ കാരണം അങ്ങനെ നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ആ മനസ്സ് പോകുന്നത് ദുർമാർഗത്തിലേക്കായിരിക്കും അത് മനസ്സിൽ ഉണ്ടാക്കുന്ന കറകൾ അത് മനസ്സിനെ കലുഷമാക്കും മനസ്സിനെ അസ്വസ്ഥമാക്കും ജീവിതം മുഴുവൻ തുടർന്ന് നിൽക്കുന്നു അതുകൊണ്ട് പറയുന്നു സദാ ഏവ മനസ്സ് കലുഷമായിരിക്കുന്നതാണ് ഇവിടെ മനസ്സ് മനസ്സിന്റെ അശുദ്ധി എന്ന് പറയുന്നത് എന്നുവെച്ചാൽ മനസ്സ് കളങ്കപ്പെട്ടുകഴിഞ്ഞാൽ അതിനെ ശുദ്ധമാക്കിയെടുക്ക പ്രയാസമുള്ള കാര്യമാണ് മനസ്സിൽ നിന്ന് സത്യം പോയിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധിയാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത് അത് മനസ്സിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മനസ്സിന് നഷ്ടപ്പെടുന്ന ഇപ്പോൾ സ്വന്തം മനസ്സാക്ഷിക്ക് വിപരീതമായി തന്റെ ബോധത്തിന് വിവേകത്തിന് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോഴാണ് മനസ്സ് പ്രവർത്തിച്ചു പോകുമ്പോഴാണ് മനസ്സ് അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതമായി തീരുമ്പോൾ മനസ്സിൽ കറകൾ കളങ്കം വരും അത് മനസ്സിന് സദാ അസ്വസ്ഥമായി കൊണ്ടേടിയും അതാണ് നമ്മുടെ ശ്രുതി പ്രത്യേകം പറയുന്നത് സദാ യുവ എന്നത് വീഴ്ച ഒരു തവണ സംഭവിച്ചാൽ മതി പക്ഷെ മനസ്സ് എന്നേക്കുമായി കലങ്ങിയിരിക്കും അശുദ്ധമായി ആ അശുദ്ധിയിൽ നിന്ന് മോചനം നേടുക വളരെ പ്രയാസമാണ് പിന്നെ മനസ്സിനെ എത്രയൊക്കെ നല്ല വഴിയെ നയിക്കാൻ ശ്രമിച്ചാലും പറ്റിയ കറകൾ എന്തുകൊണ്ട് ഇതെല്ലാം ദുർവാസനകളായി മനസ്സിൽ പറ്റിപ്പെടുത്തിരിക്കും കഴിയാൽ വൃത്തിയാകാതെ അതങ്ങനെയിരിക്കും അതാണ് സദാ അശുചി എന്ന് പറഞ്ഞത് അതുകൊണ്ടൊരിക്കലും മനസ്സിന് കളങ്കമാകാതെ സൂക്ഷിക്കുക എന്നാണ് മനസ്സിനൊന്നൊരിക്കലും സത്യത്തെ കൈവിടാതിരിക്കുക അതാണ് അതിനെ കളങ്കമാക്കിയിട്ട് പിന്നെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നതെന്നും ഏറ്റവും നല്ലത് അങ്ങനെ ഒരാൾ കഴിയുമെങ്കിൽ അത് ഭാഗ്യവാനാണ് പക്ഷെ അങ്ങനെയുള്ള ഭാഗ്യം അപൂർവം ജീവന്മാർക്ക് ലഭിക്കാറുള്ളൂ കാരണം മനസിന്റെ സ്വഭാവം അതാണ് സമയവും പിടിവിട്ട് പോകാൻ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ സത്യത്തെ നിലനിർത്താൻ കളങ്കമില്ലാതിരിക്കാൻ അത് പ്രയാസമാണ് അതിൽ വിശുദ്ധിയെ നിലനിർത്തുക പറയുന്നു പക്ഷെ മനസ്സ് അങ്ങനെ നിയന്ത്രണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് അശുചിയാവും എന്നേക്കും അശ്വചിയായി തന്നെയിരിക്കും അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മനസ്സ് കലുഷമായി കഴിഞ്ഞാൽ അത് കളങ്കം വന്നു കഴിഞ്ഞാൽ നസരഥി ആ രഥി ആ യാത്രികൻ ആ ജീവാത്മാവ് തത്പൂർവോക്തം അക്ഷരം പറഞ്ഞതായ അക്ഷരം വൈഷ്ണവം പദം എന്ന് പറഞ്ഞു പരം പദം ശ്രേഷ്ഠമായ പദം പരം ശ്രേഷ്ഠം ആ ശ്രേഷ്ഠമായ സ്ഥാനത്തെ എത്തിച്ചേരുന്നില്ല തേന സാരഥിന ആ സാരഥിയെ ഉപയോഗിച്ച് ആ വിവേകം നഷ്ടപ്പെട്ട സാരഥിയെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ രഥി ആ ജീവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നില്ല എന്നുവെച്ചാൽ ആ ജന്മത്തിൽ എത്തിച്ചേരുന്നില്ല എന്നർത്ഥം ആ വർത്തമാന ജന്മത്തിൽ അയാൾക്ക് ഒരിക്കലും എത്തിച്ചേരില്ല എന്നർത്ഥം ഏതെങ്കിലും ജന്മത്തിൽ അയാൾ മനസ്സിന് നിയന്ത്രണം വന്ന് വിശുദ്ധിയെ പ്രാപിച്ചെത്തിച്ചേരാം പക്ഷെ ഏതൊരു ജന്മത്തിലാണോ അത് കലുഷമായത് കളങ്കമായത് ആ ജന്മത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് പ്രയാസമാണ് എന്നർത്ഥം പിന്നെ ആ ജന്മത്തിൽ ചെയ്യുന്ന പരിശ്രമങ്ങൾ മനസ്സിന്റെ വിശുദ്ധിക്ക് വരും ജന്മങ്ങളിലെ മനസ്സിന്റെ വിശുദ്ധിക്ക് ഉപകരിക്കും ജന്മങ്ങളിൽ ഉള്ള പ്രയത്നം കൊണ്ട് അയാൾ അശുദ്ധനായി മനസ്സിൽ സത്യം വന്ന് അയാൾ ലക്ഷ്യത്തിലെത്തിച്ചേരും അസത്യമാണ് മനസ്സിനെ കളങ്കപ്പെടുത്തുന്നത് അപ്പോൾ അസത്യത്തിൽ നിന്ന് അത് അങ്ങനെ കളങ്കപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സത്യത്തിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്നാലും നിരാശപ്പെടേണ്ട കാര്യമില്ല വീണ്ടും ജന്മങ്ങളുള്ളതുകൊണ്ട് ഈ സംസാരം ഇങ്ങനെ തുടർന്ന് കിടക്കുന്നുണ്ട് ആശയ്ക്ക് വകയുണ്ട് എന്നെങ്കിലും രക്ഷപ്പെടാൻ പറ്റും എന്നാണ് ആപനോദി എന്നാണ് ശ്രുതി പറയുന്നത് രക്ഷപ്പെടില്ലെന്നാണ് വർത്തമാന ജന്മത്തിൽ രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്നർത്ഥം എന്നാ കേവലം കൈവല്യം നാപിനോദി അമോക്ഷത്തെ പ്രാപിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്നാണ് സംസാരം ച ജന്മ മരണ ലക്ഷണം അധികം ഈ സംസാരത്തെ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ അസത്യം കടന്നുകൂടിയാൽ അത് കളങ്കപ്പെട്ടാൽ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് പോട്ടെ കാരണം അവന് മരിക്കേണ്ടി വരുന്നു ആ ജന്മത്തിൽ അപ്പൊ വീണ്ടും ജനിക്കേണ്ടി വരും അതാണ് സംസാരം അതാണ് സംസാരം പിന്നെ തുടർന്നുള്ള ജന്മങ്ങളിൽ പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അയാൾക്ക് ജനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നു അതാണ് ജനന ലക്ഷണം ജന്മ മരണരൂപത്തിലുള്ളതാണ് സംസാരം സംസാരത്തിന്റെ വ്യാഖ്യാനമാണ് ജന്മ മരണ ലക്ഷണമെന്നുള്ളത് അത് അധികച്ച് അതിനെ പ്രാപിക്കുന്നു അതുകൊണ്ടും മനസ്സ് കളങ്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ഒരാൾക്ക് കഴിയുന്ന കാര്യമാണ് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അത് കളങ്കപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ അരക്ഷ കളങ്കപ്പെട്ടു പോയാൽ പിന്നെ അടുത്ത ജന്മത്തിലേക്ക് നോക്കിയാൽ മതി അതാണ് പറഞ്ഞത് സംസാരം അധികച്ചതി എന്ന് പറയുന്നത് ആരെയും നിരാശപ്പെടുത്താൻ വേണ്ടി മലപ്പൂർവ്വം പറയുന്നില്ല ഒരു സത്യത്തെ പറയുകയാണ് ഇവിടെ ശ്രുതി അത് തർപ്പിച്ചും പറയുന്നു പ്രാപിക്കത്തില്ല സംസാരത്തെ പ്രാപിക്കുകയും ചെയ്യും രണ്ടു ഈ മന്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ പറയുമ്പോ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തായാലും കളങ്കപ്പെട്ടു കഴിഞ്ഞു ഇനിയിപ്പ വഴിക്ക് തന്നെ പോട്ടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് രക്ഷപ്പെടുക എന്നാണല്ലോ ശ്രുതി പറയുന്നു അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെ തന്നെ പോണോന്നാണ് താല്പര്യമെങ്കിൽ ആർക്കും മൂക്ക് കയറിട്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല ശരി അങ്ങനെ പോകാം അല്ല നന്നാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ കളങ്കം വരുത്താതെ സൂക്ഷിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ സംസാരം ചാതികച്ചതി ജന്മ മരണങ്ങളെ പ്രാപിക്കുന്നതാണ് അത് കൂടുതൽ പ്രാപിക്കേണ്ടി വരത്തില്ല കുറച്ച് ജന്മ തന്നെ കാര്യം സാധിക്കാൻ അതാണ് അത് അതിൽ നിന്ന് ഗുണം അതാണ് എപ്പോഴെങ്കിലും പിന്മാറാൻ കഴിഞ്ഞാൽ കാരണം മനസ്സിൽ ഒരിക്കൽ കളങ്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ് പിന്മാറാൻ തോന്നത്തില്ല പിന്മാറാൻ കഴിയത്തില്ല കൂടിക്കൂടി കൂടി ഒരു അപ്പൊ എപ്പോഴെങ്കിലും അതിന് പിന്മാറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വരും ജന്മങ്ങളിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും അതുകൊണ്ടാണ് ജന്മ മരണങ്ങളെ പ്രാപിക്കുന്നു ജന്മ മരണങ്ങൾ പിന്നീട് കുറവായിരിക്കും അതുകൊണ്ട് മനസ്സിന്റെ കളങ്കം അതിന്റെ ഫലത്തെ കുറിച്ചാണ് പറഞ്ഞത് ബുദ്ധിക്ക് വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സംഭവിക്കും ആ സംഭവിച്ചു കഴിഞ്ഞാൽ മോക്ഷത്തെ അവൻ പ്രാപിക്കുന്നില്ല സംസാരത്ത് പ്രാപിക്കുന്നു അതാണ് എന്റെ ഫലം യസ്തു അഭിജ്ഞാനവാൻഭവതി നത്പദം ആപ്നോതി സംസാരം ചാധിഗതി യു വിവാൻ സമനസ്കാശിചി സത്പദമാോതിമായുത ഭാഷ്യസ്തു ദ് വിജ്ഞാനവാൻ വിജ്ഞാനവ കാരുപേതോ രഥി വിദ്വാൻ യുക്തമന സമനസ്ക തടേ സദാശി സു തത് പദമാതിമാ പദ്യത് ഭൂ പുനർ ജാതെ സംസാരോ നേതരുവനാണ് ദ്ദീഹൻ ഇതരൻ ഇനി മറ്റൊരു കൂട്ടരുണ്ടല്ലോ വഴി തെറ്റിപ്പോയവരെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇനി വഴി തെറ്റാത്തവർ വിജ്ഞാനവാൻ വിജ്ഞാനമുള്ളവൻ വിജ്ഞാനവത് സാരഥി ഉപേത വിജ്ഞാനിയായ വിവേകിയായ സാരഥി ബുദ്ധിയോടുകൂടിയവൻ എന്ന് പറയുമ്പോ ജന്മനാൾ തന്നെ ജനനാൾ തന്നെ വിവേകത്തോടു കൂടി ജനിക്കുന്നവൻ കുറെയൊക്കെ കളങ്കപ്പെട്ടിട്ട് വരുന്നവനല്ല ജന്മനാൾ തന്നെ ഈ സംസാരത്തിന്റെ കളങ്കങ്ങളൊന്നും ബാധിക്കാതെ ശുദ്ധമായ പരിശുദ്ധമായ മനസ്സോടുകൂടി വന്നവൻ ആ മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നവൻ കളങ്കങ്ങളേശാത്തവൻ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവനായ രചി ആ യാത്രികൻ വിദ്വാൻ വിവേകിയായ ആ ജീവൻ ജന്മനാൽ തന്നെ ചിലർക്ക് ആ വിവേകമുണ്ടായിരിക്കും മനസ്സ് ദുർമാർഗത്തിലേക്കൊന്നും പോകാതെ സന്മാർഗത്തിൽ തന്നെ സഞ്ചരിച്ചു പോകുന്ന സുഹൃതശാലികൾ ഭാഗ്യവന്മാർ പുണ്യശാലികൾ അവരാണെങ്കിലോ യുക്തമനാഹ യുക്തമനസ്സുള്ളവരായി സമനസ്ത അവരുടെ മനസ്സൊരിക്കലും വഴിതെറ്റുന്നില്ല അവരുടെ മനസ്സ് ഒരിക്കലും അസത്യം വരുന്നില്ല കളങ്കം വരുന്നില്ല സന്മാർഗ്ഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അവരെന്ത് ചെയ്യുന്നു സ തതയവ അങ്ങനെ പരിശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സുള്ളവർ അക്കാരണം കൊണ്ട് തന്നെ ഒരിക്കലും ആ മനസ്സ് വഴിപഴക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ സദാശുചിഹി സദാ ശുചിത്വമുള്ളവരായിരിക്കും അവരുടെ മനസ്സ് സദാ തെളിഞ്ഞിരിക്കുന്നു ശുദ്ധമായിരിക്കുന്നു ചിത്തശുദ്ധി നമ്മൾ പറയുന്നു രാഗദ്വേഷങ്ങളൊന്നുമില്ലാതെ മതമാത്സര്യങ്ങളൊന്നുമില്ലാതെ കാമക്രോധങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ മനസ്സന്മാരായിരിക്കുന്നു നിർമ്മലമായ മനസ്സുള്ള അവർ നിർമ്മലമായ മനസ്സിന്റെ പ്രത്യേകത എന്താണ് അത് അക്ഷുബ്ധമായിരിക്കും ശാന്തമായിരിക്കും അതാണ് നിർമ്മല മനസ്സിന്റെ അടയാളം ശാന്തമായ മനസ്സുള്ളവർ നമ്മൾ സാറിന് പറയാനുണ്ടല്ലോ ടെൻഷൻ എന്ന മനസ്സിന്റെ അതാണ് മനസ്സിന്റെ അശുദ്ധിയുടെ ഒരു പ്രധാന ലക്ഷണം ശാന്തമായ മനസ്സിൽ അത് കാണത്തില്ല അതിന് കാരണമായിരിക്കുന്ന ഈ മനസ്സിൽ വരുന്ന ടെൻഷന് കാരണമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ അതാണ് അതിന് കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതവിടെ കാണത്തില്ല ശാന്തമായ മനസ്സായിരിക്കും സ്വച്ഛമായ മനസ്സ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു അവർ തത്പദമാനോദി അവരാ പരമപദത്ത് പ്രാപിക്കുന്നു ആ ശാന്തമായ മനസ്സോടുകൂടി തന്നെ ജനിച്ച് അശാന്തമായ മനസ്സോടുകൂടി ജീവിച്ച് ആ ജന്മത്തിൽ തന്നെ പരമപഥത്തെ പ്രാപിക്കുന്നു അവർക്ക് പിന്നെ വരും ജന്മങ്ങളിലേക്ക് ഒന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അത് പ്രാപിച്ചു കഴിഞ്ഞാലോ യസ്മാ പദാണു ശ്രുതി മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് ആ ഒരു പദവിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ശാന്തമായ മനസ്സാണ് അനു മുഖ്യം ആ ശാന്തമായ മനസ്സിൽ മറ്റെല്ലാം ഉണ്ടായിക്കോളും ഈ പറയുന്ന അദ്വീതികളും മറ്റും പറയുന്ന തത്വജ്ഞാനവും വിവേകവും എല്ലാം വേണ്ടതെല്ലാം ഉണ്ടായിക്കോൾ അതിന്റെ നിമിത്തങ്ങൾ സാഹചര്യങ്ങളെല്ലാം വന്നുചേരും വന്നുചേരുന്ന ആ ജ്ഞാനത്തെ പ്രാപിച്ച് ശാന്തന്മാരായി തന്നെ അപ്രച്യുതഹസ്തൻ അതിനൊന്നും വഴുതി പോകാതെ ചുതി സംഭവിക്കാതെ മാർഗ്ഗത്തിനും ചുതി സംഭവിക്കുന്നില്ല ലക്ഷ്യത്തിനും ചുതി സംഭവിക്കുന്നില്ല ചുതി എവിടെയും സംഭവിക്കാം ലക്ഷ്യത്തോടക്കുമ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോകാം മാർഗത്തിൽ തന്നെ പലതവണ സംഭവിക്കാം പക്ഷെ ഇതൊരിക്കൽ പോലും സംഭവിക്കാം ഭൂയഹ ആ മോക്ഷ അതിന്റെ അർത്ഥമാണ് വീണ്ടും ന ജായതീ സംസാരം ഈ സംസാരത്തിലേക്ക് വരുന്നില്ല ജനിക്കുന്നില്ല ഇതാണ് മോക്ഷം എന്ന് പറയുന്നത് മോക്ഷത്തെ പ്രാപിക്കുന്നവൻ പിന്നീട് ഒരിക്കലും മായയ്ക്ക് അധീനനാകുന്നില്ല അവിദ്യക്ക് അധീനനാകുന്നില്ല അതാണ് അതാണ് ജ്ഞാനം കൊണ്ടേ മോക്ഷം ഉണ്ടാകുമെന്ന് അദ്വൈതകൾ വാശി പിടിക്കുന്നത് കൊണ്ടാണ് അവർ പറയുന്നവരെ ഏതെങ്കിലും തരത്തിൽ മോഷമുണ്ടാകുന്നു എന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് വലിയ മോഷമായാലും ശരി ആ മോക്ഷത്തിൽ അധികാരം തുടരാൻ പറ്റത്തില്ലെന്ന് എന്തുകൊണ്ട് ആത്മാവ് നിത്യമുക്തമാണ് നിത്യമുക്തമായി ആയിരിക്കുന്ന ആത്മാവ് എന്നും മോക്ഷത്തിൽ തന്നെ കഴിയുന്നു അങ്ങനെ മോക്ഷത്തിൽ കഴിയുന്നെങ്കിലും ഇപ്പോ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു വൈരുദ്ധ്യം വന്നിരിക്കുന്നു അപ്പൊ ഈ വൈരുദ്ധ്യത്തിനൊരു കാരണം വേണമല്ലോ അജ്ഞാനം അജ്ഞാനം എന്ന് പറയുന്നത് ഇരുട്ട് ഇരുട്ട് പ്രകാശം കൊണ്ടേ നശിക്കൂ അങ്ങനെയാണെങ്കിൽ ഈ അജ്ഞാനം വെളിച്ചം കൊണ്ട് ജ്ഞാനപ്രകാശം കൊണ്ടേ നശിക്കൂ ആ ജ്ഞാനപ്രകാശം ആ പ്രകാശത്തിന്റെ സ്വരൂപം എന്താണ് സൂര്യപ്രകാശം അത് ഇരുട്ടിനെ നശിപ്പിക്കുന്ന പ്രകാശം ആണ് പക്ഷെ അത് ജഡമാണ് പ്രകാശം അതിനും നാശം വരാം വീണ്ടും ഇരുട്ടുവരാം പക്ഷെ ഇവിടുത്തെ പ്രകാശം അങ്ങനെയല്ല ജ്ഞാനപ്രകാശമാണ് ആ പ്രകാശം എന്താണോ അതിന്റെ സ്വരൂപം ആ സ്വരൂപം താൻ ഒരിക്കലും എന്നുള്ളതാണ് ആ ബോധം നിത്യമുക്തനാണെന്നുള്ള ബോധം ആ ബോധം ിൽ പിന്നെ അജ്ഞാനത്തിന് നിലനിൽക്കാൻ വഴിയില്ല ഏതജ്ഞാനമാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉണ്ട് എന്ന് താൻ കരുതിയിരുന്ന അത് നശിച്ചു കഴിഞ്ഞു അത് നശിച്ചാൽ ആ നാശത്തിന്റെ ബോധമാണ് എന്താണ് തന്നിലൊരിക്കലും അജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് താൻ ഒരിക്കലും ബന്ധനത്തിന് വഴിപ്പെട്ടില്ല എന്നുള്ളത് കാലാതീതമായ മുക്തസ്വരൂപിയാണ് താൻ എന്നുള്ള ആ ബോധം ആ ബോധത്തിൽ പിന്നീട് അവിടെ അജ്ഞാനത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ട് തന്നെ അജ്ഞാനം രണ്ടാമതൊന്നും അങ്ങനെ ഒന്നില്ല അതുകൊണ്ട് പിന്നെ ബന്ധ ശങ്കയേ വീണ്ടും താൻ ബന്ധനത്തിലേക്ക് പോകും എന്ന് ശങ്കിക്കേണ്ടതായിട്ട് വേറെ അതുകൊണ്ട് മുക്തൻ ഒരിക്കലും വീണ്ടും സംസാരത്തിലേക്ക് വരുന്നില്ല അവിടെ സംസാരം വരാനൊരു സംസാരം വേണ്ടേ ഒരു സംസാരം ഉണ്ടെങ്കിലേ വരത്തും ജന്മ ജരാമരണങ്ങൾക്കെല്ലാം ഒരു സ്ഥാനം വേണം അങ്ങനെ ഒരു സ്ഥാനമേയില്ലെങ്കിൽ പിന്നെ എവിടേക്ക് വരും സംസരണം ചെയ്യുന്നതിന് അതുകൊണ്ട് മുക്തനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രണ്ടാമത് സംസാരം എന്നൊന്നും വരുന്നില്ല എന്തുകൊണ്ട് ബോധം ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചിരിക്കുന്നു ആ സംസാര കൽപ്പനകളെല്ലാം ആറ്റിരിക്കുന്നു അത് ജ്ഞാനം കൊണ്ടേ സാധിക്കൂ വെളിച്ചം കൊണ്ടേ ഇരുട്ട് പോകത്തുള്ളൂ എങ്കിൽ ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കൂ ആ അജ്ഞാനനാശം കൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മോക്ഷത്തിൽ ഒരാൾ നേടിയെന്ന് കരുതിയാൽ ഈ ലോകം വിട്ടും മറ്റേതെങ്കിലും ലോകത്തിൽ പോവുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം സംസാരത്തിന്റെ ഭാഗമായി തന്നെ നിൽക്കും അവിടെയൊന്നും അജ്ഞാനനാശം സംഭവിക്കുന്നില്ല ജ്ഞാനമുണ്ടാകുന്നില്ല അതുള്ളതൊന്നും മോക്ഷമല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പുനർനഞ്ചായതെ വീണ്ടും ജനിക്കുന്നില്ല അതുകൊണ്ട് മറ്റു ചിലർ കൽപ്പിക്കും എന്താണ് ആത്മാവ് മുമ്പ് മുക്തനായിരുന്നു പിന്നെ അതിന് ബന്ധനം വന്നു മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന നമ്പർ മുമ്പ് ആത്മാവ് മുക്തനായിരുന്നു എല്ലാ ആത്മാക്കളും മുക്തന്മാരായിരുന്നു അതിന് ബന്ധം വന്നു അങ്ങനെ മുമ്പ് പിന്നീട് മോക്ഷം വീണ്ടും ബന്ധനം അങ്ങനെയൊന്നില്ല ഒരിക്കൽ മുക്തനായ ആത്മാവിന് ആണ് ഈ സംസാരം വന്നിരിക്കുന്നതെങ്കിൽ വീണ്ടും അത് തന്നെ സംഭവിക്കും വീണ്ടും മോക്ഷം വന്നുകഴിഞ്ഞാലും വീണ്ടും ബന്ധം വരും അപ്പൊ ഇത് തന്നെ ബന്ധമോക്ഷങ്ങൾ തന്നെ സംസാരമായിട്ട് മാറും ബന്ധമോക്ഷസാരം അങ്ങനെ ഒരു പുതിയ സംസാരം വരും ഒരു യാത്ര വരും ആദ്യം ആത്മാവ് മുക്തമായിരുന്നു പിന്നീട് എങ്ങനെയോ മായ വന്ന് പിടികൂടി വീണ്ടും പരിശ്രമിച്ച് മോക്ഷത്തെ നേടിയാൽ വീണ്ടും വരും അതേമായ വീണ്ടും വരാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മുമ്പ് മുക്തനായിരുന്ന ആത്മാവിന് സംസാരം വന്നിട്ടില്ല അതുകൊണ്ട് ആത്മാവ് ഒരിക്കൽ ബന്ധനം രണ്ടാമതൊരിക്കൽ മോക്ഷം അങ്ങനെ രണ്ടാവസ്ഥകൾ ആത്മാവിലില്ല അതാണ് ശരിയായ തത്വം അത് നിത്യമുക്തമാണ് എന്നുള്ള ബോധമാണ് ഇവിടെ പറയുന്നത് ഇത് അത് ശാബികമായ അറിവിൽ നിന്നും സ്വ അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ജീവൻ ഇപ്പോഴും ബന്ധനത്തിൽ തന്നെ കഴിയുന്നത് അത് സ്വാനുഭവത്തിലേക്ക് വരുമ്പോൾ അത് സത്യമായി മാറും പിന്നെ ജീവന് ബന്ധം എന്നുള്ളത് വ്യക്തമാകും അതിനെയാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം കൊണ്ടാണ് ശരിക്കുള്ള മോശം ആ ജ്ഞാനത്തെ ബോധിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ഇക്കാര്യം പറയുന്നത് പുനർനജായതേ വീണ്ടും അവൻ ജനിക്കുന്നില്ല അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും മുക്തനായിരുന്നിട്ട് പിന്നെ ബന്ധനത്തിലേക്ക് വന്നതല്ല ഈ ബന്ധനമില്ലാത്ത ഒരവസ്ഥ ഇപ്പൊ ഉണ്ടായിരുന്നു രണ്ടാമത് വന്നതല്ല മറിച്ച് ഈ ബന്ധനമില്ലാത്ത അവസ്ഥ എന്നും കാലാതീതമായി അതിനുള്ളതാണ് ത്രികാലാതീതമായി അതാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം ആ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിനുള്ള വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് മുമ്പ് ഇതിനൊരു മോക്ഷവും പിന്നീട് ഒരു ബന്ധവും വീണ്ടും മോക്ഷവും എല്ലാം നമ്മൾ കൽപ്പിക്കുന്നത് അത് ഇവിടെ ശ്രുതി വ്യക്തമാക്കുന്നു ഒരിക്കലും മുക്തന് വീണ്ടും സംസാരം ഇല്ല കാരണം അജ്ഞാനം നശിച്ചതുകൊണ്ട് എന്തുകൊണ്ട് മുക്തന് സംസാരമില്ല അജ്ഞാനം നശിക്കുന്നതുകൊണ്ട് അജ്ഞാനം നശിച്ചാൽ വീണ്ടും അജ്ഞാനം ഉണ്ടായിക്കൂടെ ഉണ്ടാകത്തില്ല അത് അജ്ഞാനത്തിന്റെ സ്വരൂപം അതാണ് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുണ്ടാകാൻ കഴിയത്തില്ല കാരണം ജ്ഞാനം നിൽക്കുന്നു അവ അജ്ഞാനത്തിന് വീണ്ടും വരാൻ കഴിയുന്നില്ല അജ്ഞാനം ഇല്ലാതെ ഇല്ലാതാകുന്ന ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് മുക്തന് വീണ്ടും സംസാരമില്ല എന്നാണ് അത് ഇവിടെ പറയുന്നത് സമനസ്കൻ ആയിരിക്കുന്നവനാണെങ്കിൽ മനസ്സിന് നിയന്ത്രണമുള്ളവനാണെങ്കിൽ അത് തന്നെയാണ് ശുചിത്വം മനസ്സിന്റെ അവൻ ഈ ജന്മത്തിൽ തന്നെ മുക്തനായിത്തീരുന്നു അവന് പിന്നീട് ഒരു ജന്മത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ലാന്ന് എന്താണ് തത്പം തത്പം ആപ്നോദി എന്ന് പറഞ്ഞു ഈ തത്പദം എന്താണ് ആ പദത്തെ ശ്രേഷ്ഠമായ പദത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു ഏതാണ് ആ പദം അതടുത്ത് പറയുന്നു വിശദീകരിക്കുന്നു ാര മനഃപ്രഗ്രഹവാന്നര സ്വധ്വനപരം ആഹ്നോദി തദ്ഷ്ണു പരമം പദം വിജ്ഞാനസാരസാര വിവേകമുള്ള സാരഥിയോടുകൂടിയവൻ വിവേക ഉള്ള ബുദ്ധിയോടുകൂടിയവൻ ജീവൻ സാരഥി വിവേകബുദ്ധിയുള്ള ആ സാരഥിയോടുകൂടിയവൻ വിവേകമുള്ള ബുദ്ധിയോടുകൂടിയ ആ ജീവൻ ജീവാത്മാവ് പൂർവോക്ത മനപ്രഗ്രഹവാൻ അതിനെ വിശദീകരിക്കുന്നു നമ്മൾ പറഞ്ഞാണത് കടിഞ്ഞാൺ നല്ല കടിഞ്ഞോടുകൂടിയവൻ പ്രഗ്രഹീത മനാഹ നിയന്ത്രണമുള്ള മനസ്സോടുകൂടിയവൻ എന്ന് പറഞ്ഞാൽ അതോട് പറയുന്നു സമാഹിത ചിത്ത സമാഹിതമായ ഏകാഗ്രമായ ചിത്തത്തോടുകൂടിയവൻ മനസ്സോടുകൂടിയവൻ നിയന്ത്രണമുള്ള മനസ്സോടുകൂടിയവൻ നിയന്ത്രണമുള്ള മനസ്സിന് ഏകാഗ്രതയുണ്ടാവും ഏകമായ അഗ്രം വിഷയം ഏകമായ പരമാത്മാവ് ഏകം പരമാത്മാവാണ് ആ പരമാത്മാവുന്ന ആഗ്രഹം വിഷയത്തോടു കൂടിയവൻ അവന്റെ മനസ്സിൽ പരമാത്മാവ് മാത്രമേയുള്ളൂ പരമാത്മബോധത്തോടുകൂടിയവൻ എന്ന് ചുരുക്കും അതാണ് ഏകാഗ്രചിത്തം പരമാത്മബോധത്തോടു കൂടിയ മനസ്സ് വിഷയബോധത്തോടു കൂടിയതല്ല അങ്ങനെയുള്ള മനസ്സോടുകൂടിയവൻ അതിനാൽ ജന്മനാൾ തന്നെ വരണം സൻ ശുചി അവൻ ശുചിയായിരിക്കും എന്ന് ശുചിയായിരിക്കും ജനനം മുതൽ ഈ ശരീരം പതിക്കുന്നതുവരെ അവൻ ശുചിയായിരിക്കും അവന്റെ മനസ്സിൽ സത്യമേ കാണത്തുള്ളൂ അവന്റെ മനസ്സ് നിഷ്കളങ്കമായിരിക്കും പരിശുദ്ധമായിരിക്കും അങ്ങനെയുള്ള നരഹ വിദ്വാൻ അവൻ വിവേകിയായിരിക്കും വിദ്വാൻ ആയിരിക്കും ആത്മബോധം അതാണ് വിദ്യ ആ വിദ്യയോടുകൂടിയവനായിരിക്കും അവൻ എന്ത് ചെയ്യുന്നു സഹ അധ്വനപരം പാരം അധ്വന സംസാരഗത്തെ ഈ സംസാരമാർഗം ജനന മരണം ഇതിന്റെ പാരം മറുകര പരമേവ ശ്രേഷ്ഠമാണ് മറുകര പരം ശ്രേഷ്ഠം ശ്രേഷ്ഠമായ മറുകരെ ഈ സംസാരത്തിന്റെ ജനനമരണ സംസാരത്തിന്റെ മറുകരയെ അധികന്തവ്യം പ്രാപിക്കാൻ അർഹനായിത്തീരുന്നു അവൻ പ്രാപിക്കുന്നു അതിന്റെ താൽപ്പര്യം അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു ജന്മത്തിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു ആപ്നോദി എന്ന് പറഞ്ഞാൽ എന്താണ് മുച്ഛതേ സർവസംസാരി സർവ സംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി തീരുന്നു സംസാര ബന്ധനങ്ങൾ മുഖ്യമായിട്ട് വരുന്നത് ജന്മം അതിനെ തുടർന്നു വരുന്ന ജീവിതം അതിന് വരുന്ന രാഗദ്വേഷാദികൾ കാമക്രോധാദികൾ അതിന്റെ ഫലമായി വരുന്ന കർമ്മം ഇതിൽ നിന്നെല്ലാം അവൻ മുക്തനായിത്തീരുന്നു സർവസംസാര ബന്ധനങ്ങളിൽ നിന്നും അവൻ മുക്തനായിത്തീരുന്നു ഈ ജന്മത്തിൽ തന്നെ അങ്ങനെ അവൻ എത്തിച്ചേരുന്ന അവസ്ഥ ഈ ജന്മത്തിൽ തന്നെ എത്തിച്ചേരുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത ആ ഇവിടെ പറഞ്ഞത് പാരം മറുകര പിന്നെ പറഞ്ഞു പരം അത് ശ്രേഷ്ഠമാണെന്നും പറഞ്ഞു ആ ശ്രേഷ്ഠമായ മരുകര അതെന്താണ് പറയുന്നു തദ്വിഷ്ണുഹു അത് വിഷ്ണുവിന്റെ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ നമ്മൾ സങ്കുചിതമായ ഒരു ദേവതാരൂപത്തിലെടുക്കരുത് മറിച്ച് വ്യാപനശീലസ്യ ബ്രഹ്മണ വ്യാപനശീലത്തോടുകൂടി കൂടിയ സർവവ്യാപിയായിരിക്കുന്ന അത് പ്രത്യേകം പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ലോകത്തിരിക്കുന്ന ഒരു പ്രത്യേക ദേവതയല്ല അത് ആ ഭാവനയെല്ലാം ഇവിടെ വേണ്ടത് വ്യാപനശീലനാണ് എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മണ പരബ്രഹ്മത്തിന്റെ പരമാത്മനഹ പരമാത്മാവിന്റെ ആ പരമാത്മാവിന്റെ മറ്റൊരു പേരാണ് വാസുദേവാഖ്യസി അതാണ് വാസുദേവൻ വാസുദേവൻ എന്ന് പറയുന്നത് സർവലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവാണ് ആ പരമാത്മാവിന്റെ പരമം പ്രകൃഷ്ഠം പദം സ്ഥാനം ആ പരമമായ പ്രകൃഷ്ഠമായ ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ ആ സ്ഥാനം സതത്വം എന്നുവെച്ചാൽ സ്വരൂപം ആ പരമാത്മസ്വരൂപത്തെ സതത്വം ആ പരമാത്മസ്വരൂപത്തെ ചെയ്ത് അസോ വിദ്വാൻ പ്രാപ്നോദി ഈ വിദ്വാൻ വിവേകി പ്രാപിക്കുന്നു അതാണ് മോക്ഷം എന്ന് പറയുന്നത് സർവവ്യാപനശീലമുള്ള പരമാത്മാ അവന്റെ സ്വരൂപപ്രാപ്തി ആ പരമാത്മസ്വരൂപത്തിലുള്ള സ്ഥിതി താൻ ജീവനില്ല തനിക്ക് സംസാര ബന്ധമില്ല താൻ നിത്യമുക്തനായ ഈശ്വരസ്വരൂപിയാണ് പരമാത്മസ്വരൂപിയാണ് എന്ന നിലയിലുള്ള സ്ഥിതി ആ അനുഭൂതിയിലുള്ള സ്ഥിതി അതിനു പ്രാപിക്കുന്നു മോക്ഷത്തെ പ്രാപിക്കുന്നു അതാണ് എന്റെ പരമമായ ഫലം എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് വിവേകം ബുദ്ധിക്ക് വേണ്ടത്ര വിവേകം വന്നുകഴിഞ്ഞാൽ ആ വിവേകത്തോടു കൂടി ജനിക്കുന്ന ഒരുവൻ അവൻ വർത്തമാന ജന്മത്തിൽ തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ് എന്നാണ് ഇവിടെ സ്മൃതി പറയുന്നത് അല്ലാതെ കളങ്കങ്ങളെല്ലാം വന്നുകഴിഞ്ഞാലോ കളങ്കങ്ങളെല്ലാം വന്നുകഴിഞ്ഞാൽ താമസം വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിജ്ഞാന സാരധർ വ്യസ്തവും മനപ്രഗ്രഹവന്നരഹ്വന പരം ആഭ്നോതി തദ്വിഷ്ണു പരമമ്പദം ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർത്തിട്ട് മുമ്പോട്ട് പോവാം ർക്കെങ്കിലും സംശയം ഒന്നുമില്ലല്ലോ സംശയമൊന്നുമില്ലെങ്കിലും മുമ്പോട്ട് പോകണ്ട ഇവിടെ തന്നെ അവസാനിപ്പിക്കാം അങ്ങനെ പരമപഥത്തിൽ തന്നെ സ്ഥിതി നല്ലത്